ധ്യായം ഏഴ് അങ്ങനെ രാജാവും ഹാമാനും എസ്തേർ രാജ്ഞിയോടുകൂടെ വിരുന്നു കഴിവാൻ ചെന്നു രണ്ടാം ദിവസവും വീഞ്ഞു വിരുന്നിന്റെ സമയത്ത് രാജാവ് എസ്തേറിനോട് എസ്തേർ രാജ്ഞിയെ നിന്റെ അപേക്ഷയെന്ത് അത് നിനക്ക് ലഭിക്കും നിന്റെ ആഗ്രഹമെന്ത് രാജ്യത്തിൽ പാതിയോളമായാലും അത് നിവർത്തിച്ചു തരാം എന്നു പറഞ്ഞു അതിനെസ്തർ രാജ്ഞി രാജാവെ എന്നോട് കൃപയുണ്ടെങ്കിൽ രാജാവിന് തിരുവള്ളമുണ്ടെങ്കിൽ എന്റെ അപേക്ഷ കേട്ട് എന്റെ ജീവനെയും എന്റെ ആഗ്രഹമോർത്ത് എന്റെ ജനത്തെയും എനിക്ക് നൽകണമേ ഞങ്ങളെ നശിപ്പിച്ച് കൊന്നു മുടിക്കേണ്ടതിന് എന്നേയും എന്റെ ജനത്തെയും വിറ്റുകളഞ്ഞിരിക്കുന്നുവല്ലോ എന്നാൽ ഞങ്ങളെ ദാസിദാസന്മാരായി വിറ്റിരുന്നു എങ്കിൽ വൈരിക്ക് രാജാവിന്റെ നഷ്ടത്തിന് തക്ക പ്രതിശാന്തി കൊടുപ്പാൻ വരിഗിലും ഞാൻ മിണ്ടാതെ ഇരിക്കുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു അഹസുരേഷ് രാജാവ് എസ്തേർ രാജ്ഞിയോട് അവനാർ ഇങ്ങനെ ചെയ്യുവാൻ തുനിഞ്ഞവൻ എവിടെയെന്ന് ചോദിച്ചു അതിനെസ്തർ വൈരിയും ശത്രുവും ഈ ദുഷ്ടനായ ഹാമാൻ തന്നെ എന്നു പറഞ്ഞു അപ്പോൾ ഹാമാൻ രാജാവിന്റെയും രാജ്ഞിയുടെയും മുമ്പിൽ ഭ്രമിച്ചുപോയി രാജാവ് ക്രോധത്തോടെ വീഞ്ഞു വിരുന്നുവിട്ട് എഴുന്നേറ്റ് ഉദ്യാനത്തിലേക്ക് പോയി എന്നാൽ രാജാവ് തനിക്ക് അനർത്ഥം നിശ്ചയിച്ചു എന്ന് കണ്ടിട്ട് ഹാമാൻ തന്റെ ജീവരക്ഷയ്ക്കായി എസ്തർ രാജ്ഞിയോട് അപേക്ഷിപ്പാൻ നിന്നു രാജാവ് ഉദ്യാനത്തിൽ നിന്ന് വീണ്ടും വീഞ്ഞുവിരുന്ന ശാലയിലേക്ക് വന്നപ്പോൾ എസ്തറിരിക്കുന്ന മെത്തമേൽ ഹാമാൻ വീണുകിടന്നിരുന്നു അന്നേരം രാജാവ് ഇവൻ എന്റെ മുമ്പാകെ അരമനയിൽ വച്ച് രാജ്ഞിയെ ബലാത്കാരം ചെയ്യുമോ എന്നു പറഞ്ഞു ഈ വാക്ക് രാജാവിന്റെ വായിൽ നിന്ന് വീണ ഉടനെ അവർ ഹാമാന്റെ മുഖം മൂടി അപ്പോൾ രാജാവിന്റെ ഷണ്ണന്മാരിൽ ഒരുത്തനായ ഹർബോന ഇദാ രാജാവിന്റെ നന്മയ്ക്കായി സംസാരിച്ച മൊറദേഖായിക്ക് ഹാമാനുണ്ടാക്കിയതായി അമ്പതുമുഴം ഉയരമുള്ള കഴുമരം ഹാമാന്റെ വീട്ടിൽ നിൽക്കുന്നു എന്ന് രാജസന്നിയിൽ ബോധിപ്പിച്ചു അതിന്മേൽ തന്നെ അവനെ തൂക്കിക്കളവിൽ എന്ന് രാജാവ് കൽപ്പിച്ചു അവർ ഹാമാനെ അവൻ മൊറദേഖായിക്കു വേണ്ടി നാട്ടിയിരുന്ന കഴുമരത്തിന്മേൽ തന്നെ തൂക്കിക്കളഞ്ഞു അങ്ങനെ രാജാവിന്റെ ക്രോധം ശമിച്ചു